പിന്നെ കിടന്നുറങ്ങുമ്പോൾ മുമ്പില് അപ്പോഴൊക്കെ പറഞ്ഞോട് പറയും ഓരോ വികാരം വരുമ്പോഴും ഈ വികാരം ആർക്ക് വരണു നോക്ക വികാരം എനിക്ക് വരണു ദേഷ്യം വരണു ആർക്കാ എനിക്ക് കാമം വരണു ആർക്കാ എനിക്ക് അസൂയ വരണു ആർക്കാ എനിക്ക് ധ്യാനിക്കാൻ ഇരിക്കുമ്പോ ഇങ്ങനെ വിചാരങ്ങളും വികാരങ്ങളും പൊന്തും ആർക്ക് വരണു എനിക്ക് വരണം ഞാൻ ആരാ ഞാൻ എന്താ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ വിടാതെ ആ ഞാൻ ഞാൻ എന്നുള്ള സ്പന്ദനത്തിനെ ശ്രദ്ധിച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ ആ സ്പന്ദനം ഹൃദയസ്ഥാനത്തിൽ അടങ്ങും സയേഷ ജീവോ വിവരപ്രസൂതി എന്ന് പറഞ്ഞല്ലോ എവിടെന്നാണോ അത് പുറത്തേക്ക് വന്നത് അവിടെ തന്നെ അത് ലയിക്കും അവിടെ മറ്റൊന്നു താൻ താനായി പ്രകാശിക്കും അഭിമാനമല്ല അഹമയം കുത്തോ ഭവതി ചിൻവത അയ്യപ്പത്യഹം നിജ അഹമിനാശഭാജ്യ അഹം അഹം തയാ സ്ഫുരതിഹൃത് സ്വയം പരമപൂർണ സത് ആ പരമപൂർണമായ സത്യം അവിടെ താനേ പ്രകാശിക്കും അതാണ് അഹം പൊരുളും വിളങ്ങിടുന്നു പറഞ്ഞു സ്വനവും അടങ്ങും സ്വയം പ്രകാശം ആ സ്വയം പ്രകാശം അത് താനേ അവിടെ പ്രകാശിക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞ് ഈ കുട്ടികളിങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ വീട്ടിൽ പോയപ്പോ അവരുടെ അമ്മ എന്തിനോ ചീത്ത പറഞ്ഞു ഒരു ദിവസം കുട്ടിക്ക് ആറുവയസ്സോ ഏഴു വയസ്സോ ആയിട്ടുള്ളു ദേഷ്യപ്പെട്ട അമ്മ വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക കുട്ടിക്ക് ദേഷ്യമൊന്നുമില്ല കുട്ടി എന്തോ കുറുമ്പ് കാണിക്ക അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ പറഞ്ഞപ്പോ കുട്ടി കൂളായിട്ട് എഴുന്നേറ്റം എന്ന് പറഞ്ഞു ഈ ദേഷ്യം വരുന്നത് ആർക്കാണെന്ന് വിചാരം ചെയ്തത് നോക്കൂന്നു അവര് പറഞ്ഞു ഞാൻ സ്തംഭിച്ചു പോയി എന്നാണ് എന്നുവെച്ചാൽ അവൻ എനിക്ക് ഗുരുവായിട്ട് തീർന്നു പെട്ടെന്ന് ഞാൻ ആത്മവിചാരം ധ്യാനം ഒക്കെ ചെയ്യുന്നതാണെങ്കിലും മറന്നുപോയി അങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഇവൻ പറയണത് ഈ ദേഷ്യം വരുന്നത് ആർക്കാണെന്ന് വിചാരിച്ച് ആ ക്ഷണം ഞാനതൊരു അവൻ പറയണമെന്ന് പറഞ്ഞ് കളിയാക്കലായിട്ട് എടുത്തില്ല ആ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചാ നമുക്ക് പെട്ടെന്ന് ഈ പാമ്പ് പൊത്തിൻറെ ഉള്ളിൽ പോയി മുളഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എപ്പോ അത് തല പുറത്തേക്ക് ഇടണോ അപ്പോഴാണ് പിടിക്കേണ്ടത് അതുപോലെ ഈ അഭിമാന വൃത്തി മനസ്സിന്റെ കണ്ടെൻസ്ഡ് ഫോമാണ് മനസ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല മനസ്സനേക വിചാരങ്ങളായി പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എപ്പോഴാണോ നമുക്ക് പ്രബലമായി അഹംവൃത്തി തോന്നണത് ഈ അഹംവൃത്തിയാണ് അഹംബോധത്തിലേക്കുള്ള യാത്രക്കുള്ള നടവഴി ഈ അഹംവൃത്തി പ്രബലമായിട്ട് തോന്നുമ്പോ നമ്മളെ ആരെങ്കിലും ഒക്കെ നിന്ദിക്കുമ്പോ ചീത്ത പറയുമ്പോ അതുകൊണ്ടാണ് ഈ പാരിവ്രജ്യം ഒക്കെ എടുക്കണത് സന്യാസികള് എന്താന്ന് വെച്ചാൽ കുറെ നിന്ദയും ചീത്ത ഒക്കെ കേൾക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹംവൃത്തിയുടെ ചലനം നല്ലവണ്ണം നമുക്ക് കാണാം അപ്പോഴാണ് ആത്മവിചാരം ചെയ്യാനും താനിതല്ലെന്നും അറിയാനും ഒക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധിക്കില്ല അസമ്മാനാത് തപോ വൃദ്ധി സമ്മാനാ തപക്ഷയ എന്ന് ഭാരതത്തില് ഭീഷ്മർ പറയും ഈ അസമ്മാനം അപമാനിക്കും തോറും നമുക്ക് തപസ് വൃദ്ധിയാവുക എങ്ങനെയാന്ന് വെച്ചാൽ അപമാനപ്പെടുന്നത് കൊണ്ടല്ല നിരയെ മറിച്ച് അപമാനിക്കുമ്പോ നമുക്ക് നല്ലവണ്ണം നമ്മളുടെ അഭിമാനം ഉദിക്കുന്നത് ആ അഭിമാനം ഞാനല്ലെന്നറിയാനും അഭിമാനത്തിനെ ിടത്ത് അടക്കിക്കളയാനും ഒക്കെ അതാണ് തപസ് തപസ് എന്ന് പറഞ്ഞാൽ അഹം അപേതകം നിജവിഭാനകം മഹതി അഹം ലയിക്കുന്നതാണ് തപസ് അഹങ്കാരം തോന്നാത്ത സ്ഥിതിയിൽ നിൽക്കുന്നതാണ് സോഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എല്ലാ ക്രിയേറ്റിവിറ്റിയും സർഗാത്മകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉണ്ടാവുന്നതാ അഹങ്കാരം ഉദിക്കുമ്പോൾ അത് പോയി പോകും അപ്പോ അഹങ്കാരത്തിന്റെ പിറപ്പടത്തിനെ ജാഗ്രതയോടെ ശ്രദ്ധിക്കലേയും സുഷുപ്തിയിൽ അത് അടങ്ങുന്നത് കൊണ്ടാണ് ശരീരവും മനസ്സും ഒക്കെ മറിഞ്ഞ് ഞാൻ എന്നുള്ള അഭിമാനവൃത്തി അടങ്ങുമ്പോഴാണല്ലോ ഉറക്കം അവിടെ ആ സുഖം വരാൻ കാരണതാ എഴുന്നേൽക്കുമ്പോ എന്തായി ഞാൻ എന്നുള്ള അഭിമാനവൃത്തി ഉദിച്ചു ബോധപൂർവം ഈ അഭിമാന വൃത്തിയെ ഉദിക്കുന്നിടത്തിൽ അടക്കാമെങ്കിൽ ഹൃദയസ്ഥാനത്തിൽ ലയിക്ക ലയിപ്പിക്കാമെങ്കിൽ അതെവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു ചെന്നാൽ കാണാം അഭിമാന വൃത്തി ഇല്ലാതാവണതുകൊണ്ട് ഞാൻ എനിക്കൊരു കുറവില്ല പലപ്പോഴും ധ്യാന യോഗസാധനയിൽ ഇരിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഭയം തോന്നും പലരും പറയും വല്ലാത്ത പേടി തോന്നുന്നു എന്നാണ് എന്താന്ന് വെച്ചാൽ ഈ അഭിമാന ഞാൻ എന്നുള്ള ഒരു അജ്ഞാന നിശ്ചയം എവിടെയോ ഉള്ളിലുണ്ട് അപ്പൊ ഇതങ്ങോട്ട് പോകുമ്പോ വല്ലാത്ത പേടി തോന്നാം അഭയേ ഭയദർശനാഹ ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുകയാണ് ഉള്ളിൽ വല്ലാത്തൊരു ഒരു ഒരു വിറയൽ എന്താന്ന് വെച്ചാൽ അയ്യോ ഞാനില്ലാതാവല്ലോ ഞാൻ പോവുമല്ലോ എന്നാണ് അവിടെയാണ് നല്ലവണ്ണം വേദാന്ത ശ്രവണം ചെയ്ത് അറിയേണ്ടത് ഈ അഭിമാന വൃത്തി ഞാനല്ല അത് പോണത് എനിക്ക് ഒരു കുറവില്ലെന്ന് മാത്രമല്ല അത് പോയാലേ ഞാൻ പൂർണമാവുള്ളൂ വൈഷ്ണവ് ആഴ്വാർ നടുവിൽ ഇന്നലെ ശ്ലോകം ചൊല്ലി ഞാൻ നമ്മഴ പരമഭക്തനായിരുന്നു പരമ ജ്ഞാനിയായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടി അടുത്തൊരു പുളിമരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു മൗനമായി സമാധിസ്ഥിതനായിരുന്നു എന്നാണ് കഥ മിണ്ടിയില്ല പതിനാറ് വയസ്സ് വരെ മിണ്ടിയൊന്നുമില്ല ആഴുവാർന്നുള്ള വാക്കിന് അതാണ് ആഴ്ന്നിരിക്കുന്നവൻ എന്ന അർത്ഥം തന്നിലാഴുന്നിരിക്കുന്നവൻ ജ്ഞാനികളെ പുറത്തു കൊണ്ടുവരാൻ പ്രകൃതിക്ക് ആരെങ്കിലുമൊക്കെ പ്രകൃതി നിയോഗിക്കും അവരായിട്ട് പുറത്തു വരികയോ അവരായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയോ ഒന്നും ചെയ്യാൻ സാധ്യമ സാധ്യതയില്ല എന്താന്ന് വെച്ചാൽ ഈ മിഷൻ എന്ന് പറയുന്നത് തന്നെ വരണമെങ്കിൽ നമുക്ക് ഇത്തിരി അഭിമാനം വേണം വിവേകാനന്ദ സ്വാമികൾ പോലും പാശ്ചാത്യത്തിലേക്ക് പോയതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല പല വട്ടം വേണ്ട വെച്ചത് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് ചില ദർശനങ്ങൾ ഉണ്ടാവുകയും അവസാനം ശാരദാദേവി വിളിച്ച് പറയുകയും ചെയ്തു നീ പോണം എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച ശേഷാണ് അദ്ദേഹം പുറപ്പെടുന്നത് ഇഷ്ടണ്ടായിട്ടല്ല അപ്പൊ നമ്മഴ ഒന്നുമിണ്ടാതെ മൗനമായി മൗനഘനാമൃതാബ്ദി എന്ന് ഗുരുദേവൻ പറഞ്ഞല്ലോ ആ നിശ്ചല സുഖസമുദ്രത്തില് രമിച്ച് ഒരു പുളിമരത്തിന്റെ ചവിട്ടിലിരിക്കുകയാണ് ആഴ്വാർ തിരുനഗരി എന്നാണ് ഇന്ന സ്ഥലത്തിന് പേര് അഴുവാർ ജനിച്ച സ്ഥലമായതുകൊണ്ട് അപ്പോ മധുരകവി എന്ന് പറയുന്ന ഒരു ഭക്തൻ തനിക്ക് ഭഗവത് സാക്ഷാത്കാരത്തിനായി ആശിച്ച് മുമുക്ഷുവായി ഗുരുവിനെ അന്വേഷിച്ച് വടക്കുദേശത്തൊക്കെ നടക്കാണ് അപ്പോ നമ്മളുടെ ഉള്ളില് ജിജ്ഞാസ ഉണ്ടെങ്കിൽ അനുഗ്രഹ ശക്തി വഴി കാണിച്ചു തരും ആളുകൾ പലപ്പോഴും ചോദിക്കണോ ഈ കാലത്തൊക്കെ ഗുരുവിനെ കിട്ടുമോ ഈ കാലത്തൊക്കെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളതൊക്കെ കിട്ടുമോ ഈ കാലമൊന്നുമില്ല പ്രകൃതിയുടെ ഭഗവാന്റെ പഞ്ചകൃത്യം എന്ന് പറയും ഈ പഞ്ചകൃത്യത്തിലെ പഞ്ചമ കൃത്യമാണ് ജിജ്ഞാസുവായ സത്യദർശനത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം പോലെ തന്നെ ഒരു കൃത്യമാണ് പക്വമായ ഒരു ജീവന് സ്വാനുഭൂതി സമ്പന്നനായ ഒരു ആചാര്യൻറെ അടുത്ത് ചേർക്കുക എന്നുള്ളത് അപ്പോ പ്രകൃതിയിലുള്ള മറ്റു നിയമങ്ങളൊക്കെ തന്നെ കാലം കൊണ്ട് ബാധിക്കപ്പെടാത്തതുപോലെ തന്നെ ഇതും ഒരു കാലം കൊണ്ടും ബാധിക്കപ്പെടാത്തതാണ് ഏതെങ്കിലും വഴിക്ക് നമുക്കത് സൂചന തന്നു നമ്മളെ എവിടെ ചേർക്കണമോ അവിടെ ചേർത്തോളൂ ഇവിടെ ഈ മധുരകവിയും വടക്ക് ദേശത്ത് സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് എനിക്ക് വഴി കാണിക്കില്ലേ എനിക്ക് എവിടുന്നു ഉപദേശം കിട്ടും എനിക്ക് ആരു വഴി കാണിക്കുമെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ആകാശത്തിലൊരു എന്താ ക്ഷത്രം പോലെ പക്ഷെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം അദ്ദേഹം കണ്ടു നക്ഷത്രം പോലെ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹം നടന്നു ഒരു ഇന്ട്യൂഷൻ ഇതിന്റെ പുറകെ നടക്കാൻ നടന്നു രാത്രി മുഴുവൻ നടക്കും പകലായാൽ വിശ്രമിക്കും പിന്നെയും രാത്രി കാണും രാത്രി നടക്കും ഇങ്ങനെ നടന്നാണ് ഈ ഗ്രാമത്തിൽ വന്ന് ഇവിടെ വരുമ്പോ അത് മറഞ്ഞു അന്ന് രാത്രി ആ നക്ഷത്രം കണ്ടില്ല അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു താൻ തിരയുന്ന നിധി ഇവിടെ ഉണ്ട് അന്വേഷിച്ചുപോയി അധികം ഒന്നും വേണ്ടല്ലോ ദൂരാത് ഗന്ധോവാദി എന്നാണ് വേദം പറയണത് വളരെ ദൂരത്തുനിന്ന് അതിന്റെ പരിബളം വീശും നോക്കുമ്പോ ഈ പുളിമരത്തിന്റെ ചുവട്ടിൽ പതിനാറ് വയസ്സേ ഉള്ളൂ ദക്ഷിണാമൂർത്തിയെ പോലെ അങ്ങനെ മൗനമായി ശാന്തനായി പ്രശാന്തനായി വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി കണ്ണുജമിട്ടാതെ ഇരിക്കുന്നുണ്ട് അപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു അദ്ദേഹം സംസാരിക്കാറില്ല മിണ്ടലിയ മൗനിയാണ് എന്നാലും മധുരകവിക്ക് ഇതൊന്നും പ്രശ്നമല്ല ഒരു ചോദ്യം ചെന്ന് നമ്മാഴ്വാരുടെ അടുത്ത് ചോദിക്കുകയാണ് വളരെ പ്രസിദ്ധമായ ചോദ്യം രമണ മഹർഷിയുടെ അടുത്ത് കാവ്യകണ്ഠ ഗണപതി മുനി ചോദിച്ച മഹർഷിയുടെ കഥ ഏകദേശം ഇതേപോലെയാണ് കാവ്യകണ്ഠൻൻ വരുന്നവരെ മിണ്ടായോ വർത്തമാനം പറയോ ഒന്നും ചെയ്തുകൊണ്ടിരുന്നില്ല കാവ്യകണ്ഠ ഗണപതി മുനി വന്ന് ചോദിച്ചിട്ടാണ് ആദ്യത്തെ ഉപദേശം കൊടുക്കുന്നത് അതേപോലെ മധുരകവി ചോദിച്ചു ആ ചോദ്യം തന്നെ അദ്ദേഹം വളരെ പക്വിയാണെന്നുള്ളതിന്റെ തെളിപാടും ചിറ്റിൻ വയത്തിൽ ചിരിയതു പിറന്താൽ എത്തൈ തിണ്ട് എങ്കേ കിടക്കും ഇതാണ് ചോദ്യം ിത്ത് പൂർണമായത്മാവ് എന്നൊക്കെ അർത്ഥം പറയാം അതിൽ ശരിയതൊണ്ടു പിറന്താൽ വൈദികമായ സമിത്യം പറയുകയാണെങ്കിൽ ഭൂമ എന്നും അല്പം എന്നും പറയാം ഭൂമ എന്നു വെച്ചാൽ അതിരില്ലാത്തത് ഈ ആത്മോപദേശ ശതകത്തിൽ ഒരുപാട് പാട്ടുകളിൽ ഗുരുദേവൻ അതിരറ്റ അതിരറ്റ അതിരറ്റ എന്ന് വിശേഷണം കൊടുക്കണുണ്ട് അതിരൊക്കെ തന്നെ ഈ മനസ്സുണ്ടാക്കണതാണ് മനസ്സാണ് ഒരു വസ്തുവിനെ അതിര് ഉണ്ടാക്കണത് അതിരറ്റതാകയാൽ അതിനൊരു അതിരില്ലെന്നാണ് ആ അതിരില്ലാത്തതിനാണ് ഭൂമാവ് എന്ന് പറഞ്ഞത് ദേശം കാലോ അതിരാണല്ലോ അതിരൊന്നുമില്ല ദേശകാലാവധി നിർമുക്തം നിത്യമുക്തം അതിൽ നിന്നും ഒരു അല്പം പിറന്നു അല്പം എന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ള ജീവാഭിമാനം ഞാൻ എന്ന ഭാവം തോന്നുക അല്ലെ അത് തോന്നൽ മാത്രമാണ് അതുകൊണ്ടാണ് തോന്നുക എന്ന് പറഞ്ഞത് അതങ്ങട്ട് തോന്നി ഒന്ന് ആലോചിച്ച് നോക്കൂ സുഷുപ്തി അവസ്ഥയിൽ ഇതില്ല എഴുന്നേറ്റ ഉടനെ ആദ്യം വന്നു ഞാൻ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിത്തിൻ ഭൂമാവിൽ നിന്നും അല്പം ഉദിക്കണത് ഒരു ബൈഫർക്കേഷൻ ഒരു Localized Experience of Personality ഒരു സ്ഥലത്തെ ഏകദേശീയ സത്ത ഞാൻ ഇവിടെ ഉള്ള ആളാണ് ഇന്നവനാണ് ഇന്നന്ന വിശേഷണങ്ങളോടുകൂടിയവനാണെന്ന് എനിക്ക് തോന്നണല്ലോ ഈ അഭിമാനം ഈ പ്രതീതി ഇതിനെയാണ് നമ്മുടെ അഹങ്കാരം എന്ന് പറയണത് ഇത് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണു കണ്ണിലൂടെ രൂപത്തിനെയും ചെവിയിലൂടെ ശബ്ദത്തിനെയും മൂക്കിലൂടെ മണത്തിനെയും നാവിലൂടെ രുചിയെയും ത്വക്കിലൂടെ സ്പർശത്തിനെ ഭൂചിക്കുകയാണ് ഇര മുതലായവ വരും ഗുരുദേവൻ ഇതിലെ ഒരു പാട്ടില് പറഞ്ഞു വീണ്ടും ഈ ഇര മുതലായത് ഇര എന്ന് വെച്ചാൽ ഭോജ്യം ഭോഗ്യമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ഈ ജീവന്റെ മുമ്പിൽ വന്ന് ഇതിനെയൊക്കെ ഭുജിക്കലാണ് ഈ ജീവൻ ചെയ്യണത് അപ്പോ മധുരഗപി ചോദിക്കുകയാണ് എനിക്ക് ഭുജിക്കാനുള്ളത് എവിടെ ചിത്തിൻ വയത്തിൽ ചിരിയ തൊണ്ട് പിറന്താൽ യത്തൈ തിൻറ് എന്തിനെ തിന്നിട്ട് എവിടെ കിടക്കും ചോദിച്ചു അതിന് തിന്നാനുള്ളത് സാധാരണ ഈ പ്രപഞ്ചാണല്ലോ പ്രപഞ്ചമാണ് തിന്നാനുള്ള വസ്തു കാണുന്നത് ലോകമാണ് തിന്നാനുള്ളത് ദൃശ്യം ശ്രാവ്യമായിട്ടുള്ളതാണ് തിന്നാനുള്ളതായിട്ട് കിടക്കുന്നത് അതിനെയല്ലേ തിന്നണത് അജീവൻ അപ്പോ എതിനെ തിന്നും ചിത്തിൽ നിന്ന് അത് സെപ്പറേറ്റ് വന്നു ഇനിയിപ്പോ അത് എന്തിനെയാണ് അനുഭവിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നേടേണ്ടത് എത്തൈ തിണ്ട് എങ്കേ കിടക്കും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മൗനിയായിരുന്ന നമാഴുകാരാദ്യമായിട്ട് പറഞ്ഞു അത്തൈതി അങ്കേ കിടക്കുന്നു അത് വെളിയിലുള്ള ദൃശ്യത്തിനെ അനുഭവിക്കുന്നതിന് പകരം വിഷയത്തിനെ ഭുജിക്കുന്നതിന് പകരം തന്റെ പിറപ്പിടത്തിൽ തന്നെ കിടക്കുമെന്നാണ് താൻ മൂലത്തിൽ നിന്ന് എവിടെ നിന്ന് ഉദിച്ചുവോ അവിടെ തന്നെ ലയിച്ച് അതിൽ തന്നെ അതായിട്ട് ആഴിയിലടങ്ങിയ അല ആഴിയായി മാറുന്ന പോലെ സമുദ്രത്തിലേക്ക് വീഴുന്ന ആ കുമിള സമുദ്രമായി തന്നെ മാറുന്ന പോലെ അത്തൈത്തിൻറ് അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് പൂർണ്ണതയാവുള്ളൂ അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് സംതൃപ്തിയാവുള്ളൂ ഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോ അതിന് സംതൃപ്തി ഉണ്ടാവില്ല അപ്പൊ അതിനെ അത്തൈത്തിൻ്റെ അങ്കേ കിടക്കും ആ ഒറ്റ ഉപദേശം തന്നെ മധുരകവി ആഴ്വാർക്ക് സംതൃപ്തിയായിരുന്നു ആ അത് എന്ന് പറഞ്ഞല്ലോ ആ അതിനെ തന്നെയാണ് കൃഷ്ണനായിട്ട് മധുരകവി നമാഴ്വാർ പാടിയതും പിന്നീട് നമ്മാഴുവാർ പാടുക ഒക്കെ ചെയ്തു നോക്കുന്ന മധുരകവി ആഴ്വാറാണ് തിന്നും ഉണ്ണും ചോറും തിന്നും വെറ്റിലയും കൃഷ്ണൻ കണ്ണെന്നു ഉണ്ണുന്ന ചോറും തിന്നുന്ന വെറ്റിലയും ഒക്കെ കൃഷ്ണനായിട്ട് തീർന്നു അത് അത് എന്ന് പറഞ്ഞു അതിനെ കണ്ടുനെ കൃഷ്ണന് ഭഗവത് രൂപത്തിനെ പറയുമ്പോൾ അതിനെ എടുത്ത് ഇങ്ങോട്ട് ഉണ്ണമെന്ന് തോന്നിയത്രേ എനിക്ക് അതിനടുത്ത് വിഴുങ്ങണമെന്ന് തോന്നി പക്ഷെ അടുത്ത് ചെന്നപ്പോ എന്നെയും പാരിക്ക ഉണ്ണക്കണ്ടെന്ന് ഞാൻ അടുത്ത് ചെന്നതും എന്നെ അടുത്ത് ആ കണ്ണൻ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് എപ്പോഴും ആ ഭൂമാവ് ഈ അല്പത്തിനെ വിഴുങ്ങുന്ന സ്വഭാവത്തോടു കൂടിയതാണ് ആ പൂർണത്തിൽ ഈ അല്പം അടങ്ങി തന്നെ ഇഴക്കുന്നത് ശൈവസിദ്ധാന്തത്തിൽ ശൈവ സിദ്ധാന്തത്തിലല്ല തമിഴ് വേദാന്തത്തില് ഒഴിവിലൊടുക്കത്തില് തന്നിഴപ്പ് എന്നാണ് അതിന് പറയണത് തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പൻ എല്ലാത്തിനെയും സാധിക്കാം ഈ തന്നിഴപ്പ് എങ്ങനെ സാധിക്കും എന്നാണ് ബാക്കിയൊക്കെ നേടിയെടുക്കാം പക്ഷെ ഈ തന്നിഴപ്പൈ എന്ന കറ്റ് സദ്ഗുരുവാം മണ്ണും പെരും ചെയ്യും മതയാന സ്വപ്നത്തെ തോൻറി ഈ വലിയ കൊമ്പനാന ഉണ്ടല്ലോ അതൊന്നിനും അടങ്ങില്ല പക്ഷെ സിംഹം സ്വപ്നത്തിൽ വന്നാ അത് പേടിച്ചു പോകുന്നതാണ് അതുപോലെ ഈ അഭിമാന വൃത്തി എപ്പോ സദ്ഗുരുവിന്റെ ഉപദേശം കേൾക്കണോ എപ്പോ നീ ഈ ജീവനോ അഹന്തയോ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല ഇതിനൊക്കെ പിറപ്പെടമായിരിക്കുന്ന ആ മൂലസംവിത്ത് ആ അഖണ്ഡ ബോധം പ്രജ്ഞയാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോ ആ കൃപയോടുകൂടെ ബോധിപ്പിക്കുമ്പോ ഈ ശ്രവിക്കുന്നവനും ശ്രവിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രോതാവായ തൻ്റെ അവബോധത്തിൽ ശ്രദ്ധ തിരിച്ച് ഒരു ക്ഷണത്തിൽ സോഹമസ്മി എന്ന പ്രത്യഭിജ്ഞ ഉണ്ടായി നിന്നാൽ അവന് ആവരണം ഒഴിയും അവന് ആവരണം നീങ്ങും പിന്നെ അവന് സംശയമില്ല ഈ അഹം എന്നുള്ളത് എന്താണെന്ന് അവന് സംശയമില്ല അവന് അറിവ് അഹമെന്നത് രണ്ടും ഏകമാം അറിവെന്താണെന്ന് ചോദിക്കേണ്ട അറിവ് അവന് ഒബ്ജക്റ്റീവ് നോളജ് അല്ല വിഷയജ്ഞാനമല്ല അവന് അറിവഹമെന്നതും അറിവെന്നതും ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്ന് പറയണ്ടല്ലോ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം അറിവഹമെന്നത് രണ്ടും ഏകമാം ആവരണമൊഴിഞ്ഞവന് ആവരണമൊഴിഞ്ഞവന് ഈ അഹം എന്താണെന്നുള്ള സംശയമേ ഇല്ല ആവരണമൊഴിഞ്ഞവന് ഇതിനകത്ത് അഹമെന്ന വ്യക്തി അഭിമാനം സാക്ഷാത് സർവേശ്വരൻ തന്നെയാണ് പൂർണ്ണവസ്തു തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് അന്യനുണ്ട് വാദം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം വാദം എന്ന് വെച്ചാൽ അവന് സംശയമുണ്ട് അവൻ മറ്റു പലതുണ്ട് എന്ന് പറയും അവൻ പറയും അങ്ങനെയല്ല എന്ന് പറയും യുക്തികൾ പലവിധ യുക്തികൾ അവൻ പറയും ഇതൊക്കെ പറയുമ്പോഴും പലവിധ യുക്തികൾ പറയും എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇത് ജീവനാണ് അത് ബ്രഹ്മമാണ് ആത്മാവാണ് പരമാത്മാവാണെന്ന് പറയും ഇവിടെ പല വസ്തുക്കളുണ്ട് എന്ന് പറയും അനാലിസിസിലേക്ക് അവന്റെ ബ്രെയിൻ പോകും അതൊക്കെ പോകും അറിവിനെ വിട്ടഹമന്യമാകുമെന്നാൽ ഈ അറിവിനെ വിട്ട് അഹം നിക്കുമെങ്കിൽ അഹമും അറിവും ഒന്നാണെന്നാണ് നമ്മളിപ്പോ അറിവെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് അറിവെന്ന് വിളിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് നമ്മൾ അറിവെന്ന് വിളിക്കണത് പക്ഷേ ജ്ഞാനികൾ അറിവെന്ന് പറയണത് ബുദ്ധിക്കും പ്രകാശം നൽകുന്ന അറിവിന്റെ മൂല ഘടകത്തിന് ആ സോഴ്സിനെയാണ് അറിവെന്ന് പറയണത്തോടെ അത് സ്വയമേവ അറിവാണ് അതിന് അത് സ്വയമേവ അറിവാണ് ആ അറിവ് അറിവിനെ അറിവും അഹവും രണ്ടാവാനേ പറ്റില്ല എന്താന്ന് വെച്ചാൽ അഹമെന്ന് പറയണത് തന്നെ സ്വയം പ്രകാശമാണ് ഉണ്ടെന്നുള്ള അനുഭവമാണ് അതിനെ ബോധിപ്പിക്കാൻ മറ്റൊന്നും ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും വേണ്ടെന്നുള്ളത് തന്നെ അത് അറിവാണ് തെളിവാണ് അത് അറിവിനെ വിട്ട് അഹം അഹമെന്നുള്ളത് ഞാൻ എന്നുള്ളത് അന്യമാകുമെങ്കിൽ ആ അറിവിനെ അറിയാൻ ഇങ്ങാരുമില്ല ആ അറിവിനെ പിന്നെ ആരറിയും അറിവ് സ്വയമേവ തന്നെ അറിയുന്നു അതിനെയാണ് നമ്മളിവിടെ അഹമെന്നും പറയണത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായിരുന്നു നമ്മൾ പറഞ്ഞു അവിടെ അറിവില്ലെന്ന് നമ്മൾ പറയണു പലപ്പോഴും പറയണത് എനിക്കൊന്നും മനസ്സിലായില്ല അറിയാൻ പറ്റില്ലല്ലോ എന്നാണ് എന്താ കാരണം വെച്ചാൽ അവിടെ ഈ അഭിമാന അവിടെ പ്രവേശമില്ലാത്തത് കൊണ്ടാണ് അറിവില്ല അറിവില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പക്ഷേ അവിടെ ഉള്ള വസ്തു അത് സ്വയമേവ തന്നെ അറിഞ്ഞു അല്ലെങ്കിൽ ഈ സുഖം എങ്ങനെ സുഖാനുഭവം എവിടുന്ന് വന്നു സുഖമായിരുന്നു എന്ന് പറഞ്ഞു ആ സുഖം സ്വയമേവ ആ സുഖം തന്നെ സുഖത്തിനെ സുഖിച്ചു അവിടെ നമ്മളുടെ വാസ്തവമായ വ്യക്തിത്വം അസ്തിത്വം ആ വ്യക്തിത്വം അസ്തിത്വമാണ് അതാണ് ശ്രുതി അസ്ഥിത്യേവോപലബ്ധവ്യ അസ്ഥിത്യേവോപലബ്ധ്യ തത്വഭാവ പ്രസീതീ ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം ആ സത്യം ആ ബ്രഹ്മം അറിയപ്പെടാൻ കേവലമായ അസ്തിത്വം അസ്മിത്വമല്ല അസ്ഥിത്വം അസ്തിത്വ രൂപത്തിൽ അതിനെ തെളിച്ചു കിട്ടിയാൽ തത്വം തെളിയും അങ്ങനെ തത്വം അകമേക്ക് തെളിഞ്ഞാൽ പുറമേക്ക് ഒക്കാത്തത് അതേ ഉള്ളൂ അതിലാണ് ഈ പ്രപഞ്ചം കാണുന്നവൻ കാണപ്പെടുന്നത് കാഴ്ച ഒക്കെ തന്നെ ഈ ത്രിപുടികളൊക്കെ തന്നെ സ്ക്രീനിൽ സിനിമ പോലെ ആ കേവലമായ സത്തയിൽ എന്നിൽ ഞാനുണ്ടെന്നുള്ള അനുഭവത്തിൽ ബോധത്തില് ചിത്തിൽ ഒരു സിനിമ മാതിരിയാണ് മരീച്ചയ്ക്ക് മാതിരിയാണ് ദേഹമടക്കം ആ ബോധത്തിൽ ഒരു അപ്പിയറൻസ് മാത്രമാണ് അത് വന്നു പലതും ചെയ്യും മറഞ്ഞുപോകും പക്ഷേ ഈ തത്വത്തിൽ ശ്രദ്ധയുണ്ടായവന് തനിക്ക് ഒരു മാറ്റവും വരുന്നുണ്ടെന്ന് തോന്നില്ല അവന് ദേശമില്ല കാലമില്ല അവന് പ്രത്യേകിച്ച് ഇനി ധ്യാനമോ സാധനയോ ഒന്നുമില്ല കാരണം ആര് സാധന ചെയ്യും ആര് ധ്യാനിക്കും സാധിക്കാൻ എന്തുണ്ട് നേടിയെടുക്കാൻ എന്തുണ്ട് അവന് ദേശകാലങ്ങളില്ല ദേശകാലങ്ങളൊക്കെ മനസ്സിന്റെ കല്പനയാണ് ഇന്നലെ പറഞ്ഞല്ലോ ഭൂതം വർത്തമാനം ഭാവിയൊക്കെ മനസ്സിന്റെ മനസ്സാകുന്ന പെൻഗുലം ഉണ്ടാക്കണതാണ് വർത്തമാന ആ ഇപ്പോ എന്ന് പറയുന്ന കാലത്തിനെ ശ്രദ്ധിച്ചാൽ കാണാം അതില് മനസ്സ് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മനസ്സിന് സത്യത്തിനെ അറിയാൻ ഒക്കില്ല അനുഭവം ഉണ്ടാവുന്നത് എപ്പോഴും ഇപ്പോഴാണ് ഇപ്പോ എന്ന് പറയണതും അഹം എന്ന് പറയുന്നതും അറിവ് എന്ന് പറയണത് ഒക്കെ ഒന്നാണ് ആ അറിവ് ഞപ്തി ആണത് അവബോധം സത്ത സത്താമാത്ര ശരീരം ആ സത്താമാത്ര ശരീരമായ ആ വസ്തുവിനെ തെളിഞ്ഞ് തെളിഞ്ഞ് മനനം ചെയ്ത് മനനം ചെയ്ത് അകമയിൽ നിന്നും വെണ്ണ തിരണ്ടുവരുന്ന പോലെ തിരണ്ടുവരും ബ്രഹ്മൈത ബ്രഹ്മവാദിബി നവ്യവത് ഹൃദയേയജ്ഞ ബ്രഹ്മൈതദ് ബ്രഹ്മവാദിബി ഭാഗവതത്തിലൊരു ശ്ലോകാണ് പതുക്കെ പതുക്കെ ശ്രവണ മനനം ചെയ്യുന്നവർക്ക് നല്ല വെണ്ണ തെരണ്ട് വരുന്ന പോലെ മധുരമധുരമായി പ്രതിബോധം ഇത് തെളിഞ്ഞു വരും പ്രതിബോധവിദിത്തം മതം ബോധം ബോധം പ്രതിവിദിത്തം മൊമെന്റ് ബൈ മൊമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവെറി അവേർനെസ് ഓരോ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണമാണ് ഇപ്പൊ അപൂർണമായി ഇരുന്നിട്ട് ഭാവിയിൽ പൂർണ്ണമാവില്ല ഇപ്പൊ പൂർണ്ണമാണ് അടുത്ത ക്ഷണം പൂർണ്ണമാണ് അടുത്ത ക്ഷണം പൂർണ്ണമാണ് അടുത്ത ക്ഷണം പൂർണ്ണമാണ് അനുസ്യൂതം പൂർണ്ണമാണ് സനാതനമായി പൂർണ്ണമാണ് ഇപ്പൊ അപൂർണമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പൂർണ്ണമാവാൻ പോണു എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചെയ്യലും നിന്നുകൊണ്ടേയിരിക്കും പൂർണമാവില്ല കാരണം ഇപ്പോ എന്ത് നിൽക്കണോ അത് എപ്പോഴും നിൽക്കും എപ്പോഴും ഉള്ളത് ഇപ്പോന്നുള്ള കാലാണ് ശ്രദ്ധിക്കാൻ പറ്റ ശ്രദ്ധിക്കാൻ പറ്റുണ്ടോ അത് ഈ ഒരു ഒരു എന്താ വസ്തുസ്ഥിതി കണ്ടാൽ നമ്മൾക്ക് ഇതിന്റെ കൗശലം മനസ്സിലാവും മായ നമ്മളെ പറ്റിക്കുന്നത് കൗശലം കൊണ്ടാണ് ടൈം ആളുകളൊക്കെ അധ്യാത്മ ജീവിതത്തിലേക്ക് വരുമ്പോഴും ചോദിക്കും എത്ര കാലം എടുക്കും ഈ സാക്ഷാത്കാരം നേടാനാണ് പാട്ടൊക്കെ പഠിക്കുന്ന പോലെ ചോദിക്കും ഒരു ബുദ്ധന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് പണ്ടൊരു മാഗസീനിൽ വന്നിരുന്നു ശിഷ്യൻ ചോദിച്ചോത്രേ ബുദ്ധന്റെ അടുത്ത് എത്ര നേരം ആവും ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്ക് അപ്പൊ ബുദ്ധൻ പറഞ്ഞോത്രേ പെർഹാപ്സ് വൺ മിനിറ്റ് ഒരു മിനിറ്റ് ആവുമെന്നാണ് ഒരു മിനിറ്റോ ഇസ് ഇറ്റ് നോട്ട് ടു ബ്രീഫ് നോട്ടീസ് ഫിഫ്റ്റി നയൻ സെക്കൻഡ് ലോങ് അതില് അമ്പത്തൊമ്പത് സെക്കൻഡ് അധികം ഉണ്ടെന്നാണ് ഒരു മിനിറ്റ് കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞാൽ അല്ല അമ്പത്തൊമ്പത് സെക്കൻഡ് അധികം ഉണ്ടെന്നാണ് അങ്ങനെ പിടിച്ചാ പിടിച്ചു ഇല്ലെങ്കിൽ അനാദികാലത്തിലേക്ക് അനന്തകാലത്തിലേക്ക് നമ്മൾ നഷ്ടപ്പെടുത്തും പക്ഷെ ഈ ജ്ഞാനത്തിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് വെച്ചാൽ ലൗകികജ്ഞാനം പോലെ അവകാശപ്പെടാൻ പറ്റില്ല കാരണം അവകാശപ്പെടണമെങ്കിലും അഭിമാന വൃത്തി വേണം അഭിമാന വൃത്തി വരുമ്പോ ഇത് പോയി പോകും അതുകൊണ്ടാണ് അറിഞ്ഞുവെന്നും പറയാൻ വയ്യ അറിഞ്ഞില്ല എന്നും പറയാൻ വയ്യാ എന്ന് പറഞ്ഞത് പിന്നെയൊക്കെ ചില ജ്ഞാനികളും ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പറയുകയാണത് അതൊക്കെ ഈ കേൾക്കുന്ന ആളുകളുടെ ഹിതത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് വേദാഹം ഏതം പുരുഷം മഹാന്തം എന്നൊക്കെ പറഞ്ഞു കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് അല്ലാതെ ഞാൻ അറിഞ്ഞു എന്ന് അഭിമാനിക്കാനോ അഭിമാനവൃത്തിയോടുകൂടെ ലോകത്തിലെ മറ്റു പലതും ക്ലെയിം ചെയ്യണ പോലെ ഇതും എനിക്ക് സ്വാധീനമായെന്ന് അഭിമാനിക്കാനൊക്കല്ല എന്താന്ന് വെച്ചാൽ ആ അഭിമാനിക്കുന്ന ക്ഷണത്തിൽ അത് പോയി പോകും ഏകദേശീയ സത്ത പോകും അഭിമാനിക്കാൻ ഒക്കില്ല അവന് എല്ലാം അതാണ് താൻ തന്നെയാണ് സകലത്തും സകലതും അതാണെന്ന് കാണുമ്പോഴാണ് അവൻ പൂർണ്ണമാവണത് ഇവിടെ ഞാൻ പൂർണ്ണമാണ് നിങ്ങൾ അതല്ലെന്ന് കണ്ടാൽ ഞാൻ പൂർണ്ണമാവില്ല അഖിലരും അതാണ് അതിൽ നിന്നാണ് അൻപ് പ്രിയം ഉണ്ടാവണത് ആ പ്രിയം ആത്മാവിൽ മാത്രം നിക്കണതാണ് ആത്മാവിൽ മാത്രം നിക്കുന്ന പ്രിയം മറ്റുള്ളവരിലും അതേ വസ്തുവിനെ കാണുമ്പോ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോ അമ്മയെ കാണുമ്പോ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രിയം പോലെ ജ്ഞാനികളെ കാണുമ്പോ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവുന്ന ജ്ഞാനികളെ കാണുമ്പോ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന പ്രിയത്തിന് കാരണം എന്താന്ന് വെച്ചാൽ ഒരു അമ്മ തൻ്റെ കുട്ടിയെ നോക്കുന്ന പോലെയാണ് അത് നമുക്കറിയാം കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത് അതേപോലെ ജ്ഞാനികൾ താൻ അവർ കാണുന്നവരിലേക്കുള്ള ദൃഷ്ടി അവരെ വരെ തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അതിരില്ലാത്ത ഒരു അൻപ് ഒരു പ്രിയം ഇതാണ് ഗുരുദേവൻ പറഞ്ഞു അരുള് അൻപ് അരുൾ അനുകമ്പ ഇത് മൂന്നും ഒന്നാണ് തനിക്ക് താൻ ഹിതം ചെയ്യുന്ന പോലെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ഹിതം ചെയ്യണത് അല്ലാതെ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയല്ല അരുൾ അൻപ അനുകമ്പ ഇത് മൂന്നും ഒന്നാം ഇത് മൂന്നും ഒന്നാണെന്നാണ് ആ അരുൾ അനുകമ്പ വ്യക്തിയുടെ അല്ല ഈശ്വരന്റെയാ വ്യക്തിയുടെ അല്ല വ്യക്തിയിലത് മാത്രമാണ് ചെയ്യണത് മാതൃത്വം പോലും സ്ത്രീകളുടെ മാതൃത്വം പ്രകൃതിയുടെ ആണ് സ്ത്രീകളിൽ തൽക്കാലത്തേക്ക് ആവേശിക്കുകയാണ് കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ സ്ത്രീയിലൂടെ വിശ്വമാതൃത്വം ആ ജനനി ആ ജഗത് ജനനി തൽക്കാലത്തേക്ക് മാനിഫെസ്റ്റോണതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൃശ്ശൂര് ഞാൻ താമസിക്കുന്ന വീട്ടില് ഒരു പൂച്ച പറ്റും പെറ്റപ്പോ രണ്ട് ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം ആ പൂച്ച അടുത്തു പോയിട്ട് കിണറ്റില് വീണ് ചത്തുപോയി ഈ പൂച്ചക്കുട്ടികൾ ആ വീട്ടിലുള്ളവര് ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതിൽ വലിയ താല്പര്യം ഈ പൂച്ചക്കുട്ടിയെ അവര് എന്തു ചെയ്യണം അത് എങ്ങനെ വളർത്തും അതിനെന്ത് കൊടുക്കും പാല് കൊടുക്കാനൊന്നും പറ്റില്ല വിഷമിച്ചിരിക്കുമ്പോ മറ്റൊരു പൂച്ച അവിടെ വന്നിട്ട് അത് പ്രസവിച്ചിട്ടൊന്നുമില്ല അതിന് ഈ കുട്ടികളെ കാണുമ്പോ പാല് വരാൻ തുടങ്ങി പാല് കൊടുക്കാൻ തുടങ്ങി പാല് കൊടുക്കുകയും ഈ കുട്ടികളെ തൻ്റെ കുട്ടികളായി കരുതുകയും നമ്മളൊന്ന് അടുത്തുപോവാനേ സമ്മതിക്കില്ല കാവല് താത്തോണ്ടിരിക്കും തള്ളപ്പൂച്ച പോലും ഇങ്ങനെ നോക്കുമ്പോ സംശയമാണ് അത്ര സ്നേഹത്തോടുകൂടി കുട്ടികളെ നോക്കുകയാണ് ഇത് മെഡിക്കൽ സയൻസിൽ ചോദിച്ചാൽ അവർ സിയോഡോ പ്രഗ്നൻസി എന്നൊക്കെ പേരൊക്കെ പറയും നമുക്ക് പേര് വെക്കാം അത്രേയുള്ളൂ അപ്പൊ എന്താ ആ കു പൂച്ചയിൽ എന്താ പറ്റിയത് എന്ന് വച്ചാൽ എനിക്ക് ആ ക്ഷണത്തിൽ ഉണ്ടായിട്ട് പൂച്ച അറിഞ്ഞിട്ട് ചെയ്യലല്ലാത് പൂച്ച അറിഞ്ഞിട്ടല്ല ചെയ്യണം ആ പൂച്ചക്കുട്ടികള് വളരണം ജീവിക്കണം അതിന് ആ മാതൃത്വം എന്ന് പറയണത് ആ പൂച്ചയിലൂടെ തൽക്കാലത്തേക്ക് വന്നതാണ് ഇത് ഈട്ടായി ഞാനൊന്ന് കണ്ടു ഒരു പുലി ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടതാണ് ഒരു പുലി കൊരങ്ങിനെ കടിച്ചു കീറുക ആ കൊരങ്ങ് പ്രസവിച്ചു അപ്പോ ആ കൊരങ്ങ കുട്ടി ചോട്ടൽ വന്നതും തന്റെ എരയെ അങ്ങോട്ട് നീക്കിവെച്ചിട്ട് ആ കുട്ടിയെ നക്കിത്തൊടച്ച് എടുത്ത് ആ മരത്തിന്റെ കൊമ്പിൽ കൊണ്ടുവച്ച് കെട്ടിപ്പിച്ച് കിടന്ന് രാത്രി മുഴുവൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഈ കഴുത പുലികളൊക്കെ ഉപദ്രവിക്കാൻ വരണം ഈ കഴുതപ്പുലികളെ ഓടിച്ചു പുലി ഈ കഴുതപ്പുലികള് ഇത് പിടിച്ചു വെച്ച തിന്നുന്നു ഇതിന് കംപ്ലൈൻ്റേ ഇല്ല അതൊക്കെ തിന്നോളൂ ഈ കൊരങ്ങുകുട്ടിയുടെ അടുത്ത് വരയിടത്തെന്നാണ് കുട്ടി കുരങ്ങന്റെ അടുത്തേക്ക് വരയിടത്ത് ഞാൻ നോക്കുക എന്തൊരു പ്രിയത്തോടെ നോക്കിയ ആശ്ചര്യം തോന്നും ആ പുലി തന്നെയാണ് ഇതിന്റെ അമ്മയെ കടിച്ചു കയറിയത് ഇതാണ് വേദത്തില് പറഞ്ഞു ദക്ഷിണ ആ വാമമുഖം എനിക്ക് കാണണ്ട രുദ്രയത്തെ ദക്ഷിണം മുഖം തേനമാം പാഹിനിത്യം ആ ദക്ഷിണം മുഖം അത് കാണിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂന്നാണ് ഐ വോണ്ട് ടു സീ ഓൺലി ദാറ്റ് കമ്പാഷനേ ഡിസൈഡ് പക്ഷേ ഈ ഭയങ്കരമായ രൂപവും അതേ ഭഗവാന്റെ തന്നെയാണ് അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു വർഷിപ് ദ ടെറിബിൾ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ളതിനെ കണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല അപ്പ ഏതാണോ കാരുണ്യം കാണിച്ചത് അത് തന്നെ ഭയങ്കരം ആ കാരുണ്യത്തിന്റെ സോഴ്സ് ആത്മാവാണ് എപ്പോ നമ്മള് നമ്മളുടെ സ്വരൂപം അറിയുന്നു അപ്പോ ആ ദൃഷ്ടി തന്നെ ആശ്ചര്യമാവുന്നു എന്ത് പ്രോസസ്സാണ് അവരിൽ നടക്കണത് എന്ന് അറിയാതെ ലോകം അവരാൽ ആകർഷിക്കപ്പെടുകയും ഭക്തി വരികയുമൊക്കെ ചെയ്യും